എന്റെ പിതാക്കന്മാരായ ഇബ്രാഹീം അലിഹുസ്ലാം ഇസ്ഹാഖ് അലിഹ്സ്സലാം യക്കൂബ അലിഹിസലാം എന്നിവരുടെ മതത്തെ ഞാൻ പിന്തുടർന്നു അള്ളാഹു സുബഹാനഹുവ ചായാലയിൽ യാതൊന്നിനെയും പങ്കു ഞങ്ങൾക്ക് ചേർന്നതല്ല അത് അള്ളാഹു സുബഹാനഹൂവ ട ഞങ്ങൾക്കും ജനങ്ങൾക്കും നൽകിയ അനുഗ്രഹമാണ് എന്നാൽ ഭൂരിഭാഗം ജനങ്ങളും നന്ദി കാണിക്കുന്നില്ല